അള്ളാഹുസുബഹാനഹൂവ ചായാലയിലും അവൻറെ ദൂതന്മാരിലും അവിശ്വസിക്കുകയും അള്ളാഹുസുബഹാനഹൂവ ചായലയ്ക്കും അവൻറെ ദൂതന്മാർക്കും ഇടയിൽ വേർതിരിക്കാൻ ആഗ്രഹിക്കുകയും ഞങ്ങൾ ചിലരെ വിശ്വസിക്കുന്നു ചിലരെ അവിശ്വസിക്കുന്നു എന്ന് പറയുകയും അതിനിടയിൽ ഒരു വഴി സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ